അവർ പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ വന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും ഞങ്ങൾ താങ്കൾക്ക് മുൻഗണന നൽകുകയില്ല അതിനാൽ താങ്കൾ വിധിക്കേണ്ടത് വിധിച്ചുകൊള്ളുക ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ താങ്കൾക്ക് വിധി നടപ്പിലാക്കാൻ കഴിയൂ